പുരോഹിതനായ അടുക്കൽ ചെന്നു അഹിമലേഖ ദാവീദിനെ സംഭ്രമത്തോടെ എതിരേറ്റ് അവനോട് ആരും കൂടെയില്ലാതെ തനിച്ചു വരുന്നത് എന്തെന്ന് ചോദിച്ചു ദാവീദ് പുരോഹിതനായ അഹീമലേഖിനോട് രാജാവ് എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യം ഒന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്റെ ബാല്യക്കാർ ഇന്ന സ്ഥലത്ത് വരേണമെന്ന് ഞാൻ ചട്ടം കെട്ടിയിരിക്കുന്നു ആകെയാ നിന്റെ കൈവശം വല്ലതുമുണ്ടോ ഒരഞ്ചപ്പം അല്ലെങ്കിൽ തൽക്കാലം ൈവശമുള്ളതെന്തെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു അതിന് പുരോഹിതൻ ദാവിദിനോട് വിശുദ്ധമായ അപ്പമല്ലാതെ സാമാന്യമായത് കൈവശമില്ല ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുന്നു തരാമെന്ന് ഉത്തരം പറഞ്ഞു ദാവിദ് പുരോഹിതനോട് ഈ മൂന്ന് ദിവസമായി സ്ത്രീകൾ ഞങ്ങളോട് അകന്നിരിക്കുന്നു ഇത് ഒരു സാമാന്യ യാത്രയെങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ബാല്യക്കാരുടെ യാത്രക്കോപ്പുകൾ ശുദ്ധമായിരുന്നു ഇന്നോ അവരുടെ കോപ്പുകൾ എത്രയധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധമായ അപ്പം കൊടുത്തു അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വയ്ക്കേണ്ടതിന് യഹോവയുടെ സന്നദ്ധിയിൽ നിന്ന് നീക്കിയ കാഴ്ചയപ്പമല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു എന്നാൽ അന്ന് ശൗലിന്റെ ഭൃത്യന്മാരിൽ ദോവേ എന്നു പേരുള്ള ഒരു ഏതോമ്യനെ അവിടെ യഹോവയുടെ സന്നിധിയിൽ അടച്ചിട്ടിരുന്നു അവൻ ശൌലിന്റെ ഇടയന്മാർക്ക് പ്രമാണിയായിരുന്നു ദാവീദ് അഹീമലേക്കിനോട് ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നതുകൊണ്ട് ഞാൻ എന്റെ വാളുകളും ആയുധങ്ങളും കൊണ്ടുപോന്നില്ല എന്ന് പറഞ്ഞറിഞ്ഞു അപ്പോൾ പുരോഹിതനിതൻ ഇല താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫെലിസ്തീനായ ഗോല്യാത്തിന്റെ വാൾ യഫോദിന്റെ പുറകിൽ ഒരു ശീലയിലേ പൊതിഞ്ഞുവെച്ചിരിക്കുന്നു അത് വേണമെങ്കിൽ എടുത്തുകൊഴുക അതല്ലാതെ വേറെ ഒന്നുമില്ല അതിന്റെ തുല്യം മറ്റൊന്നുമില്ല അത് എനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു പിന്നെ ദാവീദ് പുറപ്പെട്ട് അന്നു തന്നെ ശൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആഖീഷിന്റെ അടുക്കൽ ഓടിച്ചെന്ത എന്നാൽ ആഘീഷിന്റെ ഭൃത്യന്മാർ അവനോട് ഇവൻ ദേശത്തിലെ രാജാവായ ദാവിദല്ലെയോ ശൗലൻ ആയിരത്തേക്കൊന്നും അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു ദാവിദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്തരാജാവായ ആഖിഷിനെ ഏറ്റവും ഭയപ്പെട്ടു അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റി അവരുടെ കൈകളിലിരിക്കെ ബുദ്ധിഭ്രമം നടിച്ച് വാതിലിന്റെ കഥകുകളിൽ വരച്ച് താടിമേൽ തുപ്പൽ ഒന്നു ആ തന്റെ ഭൃത്യന്മാരോട് ഈ മനുഷ്യൻ ഭ്രാന്തനെന്ന് നിങ്ങൾ കാണുന്നില്ലയോ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന് എന്റെ മുമ്പാകെ ഭ്രാന്ത കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്കിവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ എന്റെ അരമനയിലോ ഇവൻ വരേണ്ടത് എന്നു പറഞ്ഞു